ആകാശങ്ങളെയും ഭൂമിയേയും ആറ് ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത് അവനാണ് അവന്റെ സിംഹാസനം വെള്ളത്തിനു മീതായിരുന്നു നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത് മരണശേഷം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമെന്ന് നീ പറഞ്ഞാൽ സത്യനിഷേധികൾ തീർച്ചയായും പറയും ഇതൊരു വ്യക്തമായ മായാജാലം മാത്രമാണെന്ന്